അദ്ദേഹം ഒരു തീ കണ്ടപ്പോൾ തന്റെ കുടുംബത്തോട് പറഞ്ഞു നിങ്ങളിവിടെ നിൽക്കൂ ഞാൻ ഒരു തീ കണ്ടിരിക്കുന്നു അതിൽ നിന്ന് ഒരു കനൽ ഞാൻ നിങ്ങൾക്ക് കൊണ്ടുവരാം അല്ലെങ്കിൽ ആ തീയുടെ അടുത്തു വെച്ച് എനിക്കെന്തെങ്കിലും മാർഗനിർദ്ദേശം ലഭിച്ചേക്കാം